പറയുന്നത് ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഒരു അധ്യാസം രണ്ടിവിടെ ഉണ്ട് ആത്മാവുമുണ്ട് അനാത്മാവുമുണ്ട് ആത്മാവ് സത്യമായിട്ടുണ്ട് ത്മാവ് ആരോപിതമായിട്ടുണ്ട് അസത്യമായിട്ട് അവിടെ പറഞ്ഞു അപ്പോൾ അനാത്മാവെന്ന് പറയുമ്പോൾ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം ഇത് രണ്ടും ഇവിടെയുണ്ട് പാരലായിട്ടുണ്ട് ആത്മാവ് നിത്യശുദ്ധബുദ്ധമായിട്ടിരിക്കുന്നു ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചവും ഇങ്ങനെ നിൽക്കുന്നു ഒരു ഭാഗത്ത് ഇവിടെയാണ് അത്യാസം എന്ന് പറയുന്നൊരു കാര്യം കൊണ്ടുവരുന്നത് അത്യാസം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലൊരു താതാന്യം വരും അത് എവിടെ വരുന്നു ആദ്യം വരുന്നത് സൂക്ഷ്മമായ അന്ധകരണത്തിൽ വരുന്നു അന്ധക്കരണവും ആത്മാവും തമ്മിൽ താതാന്യം ഈ ആത്മാവെന്ന് പറയുന്നത് ജ്ഞാനമാണ് ആത്മാവിനെ ജ്ഞാനമായിട്ട് സ്വീകരിക്കും അറിവും അന്ധകരണം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ ഒരു പദാർത്ഥമായിട്ടും ഭൗതിക പദാർത്ഥമായിട്ട് ഇത് രണ്ടും തമ്മിലൊരു താതാത്മ്യം സംഭവിക്കും ഒന്നാവുന്നു അത് ഒന്നാവുന്ന എവിടെയാണ് ഈ ജ്ഞാനത്തിലാണ് ഒന്നാവുന്നത് ഈ ജ്ഞാനത്തിലൊന്നാവുമ്പോൾ ഒരാ കഹമെന്നുള്ള ബോധമുണ്ടാവും അങ്ങനെ വന്നുകഴിയുമ്പോൾ അന്ധക്കരണവും ജ്ഞാനവും തമ്മിൽ താതാത്മ്യം വന്നിട്ട് അത് പിന്നെ ശരീരത്തിലേക്ക് വരുന്നു ആ താതാത്മ്യം ശരീരത്തിലും ബുദ്ധി വരുന്നു ഇന്ദ്രിയങ്ങനെ വരുന്നു പിന്നെ ആ താതാത്മ്യം എന്ന് പറയുന്നത് ഈ ജ്ഞാനം അതാണ് ബ്രഹ്മം അത് സർവവ്യാപിയായ ഉണ്ട് അത് പ്രപഞ്ചത്തെ മുഴുവനുണ്ടാകും അപ്പോ ഒരുവനും ഈ അധ്യാസ് അനുഭവപ്പെടുന്നത് അഹം ഞാനെന്നിങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അധ്യാസമുണ്ട് ബ്രഹ്മത്തിൻ്റെ ഭാഗ്യമായ എല്ലാത്തിലും ഇപ്പം ഈ ഉണ്ട് അത്യാസം ഈ മൊബൈലിന്റെ അധ്യാസം അനുഭവപ്പെടുന്നത് എങ്ങനെയാണ് അങ്ങനുഭവപ്പെടുന്നു മൊബൈൽ അന്ധക്കരണം വരില്ല അതാണ് നമ്മൾ അവിടെ അനുഭവപ്പെടുന്ന സർവവസ്തുക്കളുടെ നമ്മൾ അനുഭവിക്കുന്ന ഉമ്മ അത് ബ്രഹ്മവുമായിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള താതാത്മ്യം അത് പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നതായിട്ട് ഉമ്മയായിട്ട് നമ്മൾ കാണുന്നതാണ് ബോധമായിട്ട് ഇതിലും നമുക്ക് ബോധം കാണാൻ പറ്റുന്നില്ലല്ലോ ഉണ്ടോ നമ്മൾ പറയുന്ന ജട വസ്തുവാണ് ബോധമില്ലാത്ത ഒന്നാണ് ഇതിലും ബ്രഹ്മ താതാത്മ്യം അതാണ് സത് അസ്ഥി അസ്ഥി ഒന്ന് സകലോപരി മുപ്പതൊന്നേ സത്യം അവിടെ ഇതൊക്കെ വിശദീകരിച്ചു പക്ഷെ ഈ അധ്യാസം ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സംഭവിക്കും അത് മനസ്സിലാക്കണ്ടേ ഈ പറയുന്ന സിദ്ധാന്തം ഇതെങ്ങനെ മനസ്സിലാക്കും അതിന് വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത് രജ്ജവിൽ സർപ്പം പോലെ ശുതികൈ രഹിതം പോലെ കാരണം അവിടെ ഒന്ന് ആപേക്ഷിക സത്ത് ഏതൊരു രജവും ശുദ്ധികൾ മറ്റൊന്നും കേവലം ആരോപിതം കേവലം ആരോപിതം അങ്ങനെയൊന്നുമില്ല വെറുതെ ആരോപിച്ചിരിക്കുകയാണ് അതുപോലെയാണ് ഇവിടെ ഈ ചൈതന്യം ഇവിടെ പറയും പ്രകാശം ചൈതന്യം ബ്രഹ്മം അത് സത്യം ബാക്കി ഇതെല്ലാം ആരോപിതം അത് ഉദാഹരണത്തിന് കാണിച്ചിരുന്നത് അവിടെ കയറ് അല്ലെങ്കിൽ ശുത്തിക സത്യം സർപ്പം അല്ലെങ്കിൽ രഹിതം അവിടെ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെന്ന് പക്ഷെ ഇനി അത് വെച്ച് മനസിലാക്കണം അഭ്യാസത്തെ അതുപോലെ സംഭവിക്കണമെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്ന അവിടെ പറഞ്ഞു ശുദ്ധികാരത്തെ എടുത്തു കഴിഞ്ഞാൽ അവിടെ മുത്തിച്ചുപ്പിയെ വെള്ളിയായിട്ട് ധരിക്കയാണ് എന്തുകൊണ്ടാണ് സൂര്യപ്രകാശം കൊണ്ട് സൂര്യപ്രകാശം മുത്തിച്ചുപ്പി അടിച്ചപ്പോ മുത്തിച്ചുപ്പിയിൽ ഒരു തിളങ്ങുന്ന ഭാഗമുണ്ട് ചിപ്പി ഒരു കടുത്ത ഭാഗവും ഒരു കോണും ഒക്കെ ഉണ്ട് അതൊന്നും കാണത്തില്ല ആ തിളക്കം മാത്രം കാണുന്നതാണ് അതിന്റെ വിശേഷം ആ വിശേഷത്തെ ഗ്രഹിച്ചിട്ട് അപ്പോ അവിടെ മുത്തിച്ചുപ്പിയെ അറിയുന്നുണ്ട് തിളക്കമുള്ള മുത്തിച്ചിപ്പി എന്ന് അറിയുന്നില്ല വെറും ഒരു തിളക്കം മാത്രം ആ തിളക്കത്തെ നമ്മൾ കണ്ടിട്ട് പറയുന്നു അത് ഉപരഹിതമാണ് അങ്ങനെ ഒരു ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുത്തിച്ചിപ്പിയുടെ അറിവുണ്ടാവണം ചിപ്പിയുടെ അറിവ് അതിനാണ് അതിഷ്ടെന്ന് പറയും ഞാനതിഷ്ട പൂർണമായും അറിയില്ല കുറച്ചെങ്കിലും അറിയാം പൂർണമായും അറിഞ്ഞാൽ എങ്ങനെ അറിയും തിളക്കമുള്ള ചിപ്പിന്നറിയും അപ്പൊ പിന്നെ ഭ്രമമില്ല തിളക്കമറിയുന്നു വിശേഷമായി എന്നാ മറ്റ് വിശേഷത്തെ അറിയാതെ ഇരിക്കുന്നു ഇതാണ് മുത്തുച്ചിപ്പി ഇങ്ങനെ ത്രികോണാകൃതിയിലാണ് ഇരിക്കുന്നത് അതിൽ കറുത്ത ഉണ്ട് വേറെ അതിൻ്റെ ഒരറ്റമായിരിക്കും വെളുത്തിരിക്കുന്നു അപ്പോ മുത്തുച്ചിപ്പി പല ഭാഗങ്ങളുള്ള ഒരു വസ്തുവായതുകൊണ്ട് അംശമുള്ളതായതുകൊണ്ട് ഒരു ഭാഗത്തെ അറിയുന്നു ഒരു ഭാഗത്തെ അറിയാതിരിക്കുന്നു അധിഷ്ഠാനത്തിന്റെ ഏകദേശം ജ്ഞാനം വേണം ഏകദേശം ജ്ഞാനം ഇല്ലാതിരിക്കുന്നു പിന്നെ ഭ്രഹം ഉണ്ടാകും പേര് ഏതെജ്ഞാനം ഉണ്ടാവുമ്പോഴും അധിഷ്ഠാന ജ്ഞാനം ഉണ്ടാവും എപ്പോഴാണോ നമ്മൾ വെള്ളിയെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അധിഷ്ഠാനം ഞാനുണ്ടാവും മള്ളിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അധിഷ്ഠാനം ഞാൻ അങ്ങനെ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു അതെങ്ങനെ അറിയുന്നു ഈതം ഈതം എന്നറിയുന്നു അപ്പൊ ബ്രഹ്മസ് ഉണ്ടാകുന്ന സമയത്ത് ആരോപിതമായ രജതത്തിന്റെയും അധിഷ്ഠാനമായ ശുക്തിയുടെയും രണ്ടിന്റെയും ഞാൻ ഉണ്ടാകുന്നു അങ്ങനെ ഉള്ള ബ്രഹ്മസ് സംഭവം അപ്പോ അധിഷ്ഠാനത്തെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളായിരിക്കും ഒന്ന് അത് ജ്ഞാനത്തിന് വിഷയമായിരിക്കും ചിപ്പി എന്ന് പറയുന്നത് അറിവിനു വിഷയമാണ് അറിവപ്പൊ വിഷയിയാവും വിഷയമുള്ളതാണ് വിഷയി അതൊക്കെ ഇന്നിവിടെ വിശദീകരിക്കും അറിവ് ചിപ്പി വിഷയവുമായിരിക്കണം ഒന്ന് ണ്ടാകുന്നത് ഒരു കാരണം അതാണ് മറ്റൊന്നെന്താണ് അതിന് അംശങ്ങൾ ഉണ്ടായിരുന്ന ചില ഭാഗങ്ങൾ നമ്മൾ അറിയുകയും ചില ഭാഗം അറിയാതിരിക്കുകയും ചെയ്യും തിളക്കത്തെ അറിഞ്ഞതുകൊണ്ടാണ് അവിടെ എന്തു ഞാനുണ്ടായത് എന്നാ തിളക്കമെന്നുള്ള ചിപ്പി തിളങ്ങുന്ന ചെപ്പിന്ന് അറിയാതിരുന്നതും ഒരു കാരണമാണ് ഇനി അതിന്റെ കറുപ്പ് നിറമോ ത്രികോണമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ്രഹ്മുണ്ടാവും ഓരംശത്തെ അറിയണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് ബ്രഹ്മം ഉണ്ടാവണം ഓരംശം അറിയാതിരിക്കണം ആ വസ്തു എന്ന സ്വയം അറിവിന് വിഷയമാവണം പിന്നെ ഇത്തിരി ഉണ്ടായാലും പോലെ കുറെ ദോഷങ്ങളുണ്ടായിരുന്നു ആ വള്ളി എന്നുള്ള ഞാനും ഉണ്ടാകുന്നു ഒന്നീ ദോഷം എന്ന് പറയുന്ന എന്താണ് നമ്മളിത് കണ്ട് അവിടെ ഒരു തിളക്കം കണ്ട് ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ രജതത്തിന്റെ സംസ്കാരം വെള്ളിയുടെ സംസ്കാരം ഉണരണം എന്നാലേ രജതം ഒന്നറിയാൻ പറ്റും അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ അറിയാൻ പറ്റും രജത സംസ്കാരമുള്ളിൽ പിന്നെ അവിടുത്തെ വെളിച്ചം ഒരു പ്രധാന കാരണമായിരിക്കും പിന്നെ ഈ വ്യക്തിക്ക് ഉള്ളിലുള്ള ആഗ്രഹവും അതും ഒരു കാരണമായേക്കാം പലപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹമേ ഉള്ളിലില്ല പരിപ്രായകനാണ് വെള്ളിയോടൊരു തരത്തിലുള്ള അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല അയാൾ ശ്രദ്ധിക്കുന്നില്ല ആഗ്രഹമില്ലാതെ ശ്രദ്ധിക്കില്ല എന്തോന്ന് പള്ളി പള്ളിയായാലും സ്വർണ്ണമായാലും എനിക്കതൊന്നും വിഷയമുണ്ടെന്നുള്ള രീതിയിലാണ് ഉദാസീന മനോഭാവമാണെങ്കിൽ ആകെ എളുപ്പം അങ്ങനെ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ഉണ്ടായാലും വരാം അപ്പം ഇതെല്ലാം ഒന്നിച്ചു ചേർന്നു കഴിഞ്ഞാൽ മാത്രമേ ബ്രഹ്മം ഉണ്ടാകത്തുള്ളൂ പള്ളിയാണെന്നാൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് അധിഷ്ഠാനം ജ്ഞാനത്തിന് വിഷയമായിരിക്കണം മറ്റൊന്ന് അനംശങ്ങളുണ്ടായി ആത്മാവിൽ ഈ ശരീരം അധ്യസിക്കണമെങ്കിൽ ആത്മാവിലെ ഭ്രമം പറയുന്നത് ആത്മാവിൽ ആരോപിച്ചിരിക്കുന്നു എന്നാണ് ഈ പ്രധാനമായ രണ്ട് കാര്യങ്ങളുമാണ് ഒന്നെന്താണ് ഈ ആത്മാവിലെ അംശം വേണം ചില ഭാഗങ്ങൾ അറിയണം ചിലതറിയാതിരിക്കും മറ്റൊന്ന് ആത്മാവ് അറിവിന് വിഷയമായിരിക്കും എന്നാലും അവിടെ ഈ ശരീരഭ്രമം ഉണ്ടാവാത്തുള്ളൂ പ്രപഞ്ച ഭ്രമുണ്ടാവാത്തു മറ്റൊന്നും കാരണദോഷങ്ങൾ നേരത്തെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുടെ ഉണ്ടാവും ആത്മാവിന് ഇതൊന്നും സംഭവിക്കില്ല കാരണം ആത്മാവ് നിത്യശുദ്ധമാണ് അതിലൊരു ദോഷമുണ്ട് അത് പിന്നെങ്ങനെ ബ്രഹ്മവരും അവിടെ ബ്രഹ്മര വഴിയില്ല ആത്മാവിന് അംശങ്ങളില്ല പല ഭാഗങ്ങളിലൊന്നല്ല അത് ചിദേവരസം എന്ന് പറയുന്നു ജ്ഞാനസ്വരൂപമാണ് അതിലെങ്ങനെ ഭ്രഹ്മരും ആത്മാവ് സ്വയം അതുകൊണ്ട് അത് ജ്ഞാനത്തിന് വിഷയമല്ല എന്തെങ്കിലും വരും ഇതാണ് പൂർവോക്ഷിയെടുത്തത് പൂർവോക്ഷികളെ കൃത്യമായി കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മനസ്സിലായ ആത്മാവിന് അധ്യാസ സംഭവിക്കില്ല ശരീരാധ്യാസം ഈ ചർച്ച നീണ്ടുപോകും ഇതിനകത്ത് ഇത്രയും പ്രശ്നങ്ങളല്ല ഇനിയും പല പല ചോദ്യങ്ങളും വരും വെറുതെ എന്താണ് ഇതൊക്കെ ഒരു കല്പനയാണ് തോന്നലാണ് ഇതൊക്കെ ഒരു മിഥ്യയാണ് ഇതൊക്കെ ഭ്രാന്തിയാണ് എന്നൊക്കെ നമുക്ക് മതപ്രഭാഷണത്തിൽ തട്ടിവിടാം നമ്മളങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് കേൾക്കുന്നവനൊന്നും മനസ്സിലാകത്തില്ല നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല സമൂഹത്തിന് ദോഷമൊന്നുമില്ല നമ്മൾ പറയുന്നത് നമുക്കും ബോധ്യമില്ല കേൾക്കുന്നവന് ഇവിടെയും കിട്ടത്തില്ല സ്വാമി വലിയൊരു സ്വാമിയാണ് എന്തോ വലിയ കാര്യം മനസ്സിലാത്ത കാര്യം പറഞ്ഞിട്ട് പോയി ആൾക്കാർക്ക് നമ്മളെ കുറിച്ചുള്ള ബഹുമാനം കൂടത്തേ ഉള്ളു വേറെ പ്രത്യേകിച്ച് ഒന്ന് സംഭവിക്കൂ ഇതിനെ കുറിച്ച് നിരവധി നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയേണ്ടി അതാണ് ഇനി ചർച്ച ചെയ്യുന്നത് ഇതെങ്ങനെ സംഭവിക്കും നിങ്ങൾ എന്താ പറയുന്നത് നമ്മൾ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം ഇതൊക്കെ എന്താണ് ഒരു രച്ചൂല സർപ്പം പോലെ കല്പിതമാണ് മിഥ്യയാണെന്ന് പറഞ്ഞ പറയുന്നതിന് ഒരു സുഖവും ആശ്വാസവും ഇന്ത്യ ഉണ്ടായി കേൾക്കുന്നവനും എന്തുണ്ട് ഒരാശ്വാസമൊക്കെ തോന്നു ഇത്രേയുള്ളു എന്നാ ഞാൻ രക്ഷപ്പെട്ടു എന്നാ പിന്നെ സ്വാമിയാവും ഇവിടെ പൂർവപക്ഷി ശക്തമായി അതിന് ആക്ഷേപം നയിക്കുകയാണ് അങ്ങനൊരു കാര്യം നടക്കത്തില്ല ചോദ്യം ഒന്നൂടെ ഒന്നും ഇപ്പൊ ചോദ്യം എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിച്ച ഭ്രമം അല്ല ഞാൻ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം കഴിയിട്ടെ ീ ചോദിക്കുന്നത് ഒരാള് ഭ്രമം കണ്ടുകൊണ്ടിരിക്കുന്നു ആ അവസ്ഥയിലാണോ ഈ ചോദ്യം ശരി ഭ്രമം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇനി ചോദിക്കെന്താണറിയേണ്ടത് മുത്തിച്ചെപ്പി രേഖത്തെ കാണുന്നത് സാമാന്യം ഞാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിഷയമേ ഇവിടെയൊന്നും വന്നില്ല അതിനെ ഭ്രമംന്നാണ് പറയുന്നത് സാമാന്യ ഞാനോന്നൊത്ത ചെപ്പിയിൽ രേതത്തെ നമ്മൾ അറിയുന്നത് ഭ്രമം അതിന് സാമാന്യജ്ഞാനോന്ന് പറയത്തില്ല ക്ലിയർ ആയോ അതായത് എല്ലാം കൂടെ കുഴഞ്ഞു മറിയുന്നു അതാണ് ഈ ചോദ്യം ചോദ്യപ്പെരിക്കുന്ന പിടികെട്ടി പറയുന്ന ഒന്നുമല്ല ഉള്ളിലിരിക്കുന്നു അതായത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് അധിഷ്ഠാന ജ്ഞാനം എന്ന് വെച്ചാൽ മുത്തിച്ചുപ്പിട്ട ജ്ഞാനം ആ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഭ്രമില്ല മനസിലായ ഇത് ഇതിപ്പോ വ്യക്തമായോ ആർക്കാണോ അധിഷ്ഠാന ജ്ഞാനം ഉണ്ടാകാന്ന് വെച്ചും കേക്ക് പറയുന്നുണ്ടായി ഏത് പിന്നെ പ്രപഞ്ച ബ്രഹ്മില്ല അതുപോലെ അധിഷ്ഠാന ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ എന്തുവരും പിന്നീട് ബ്രഹ്മില്ല രജതജ്ഞാനം ഇല്ല പക്ഷേ ഇനി നമ്മള് ഈ ബ്രഹ്മം ഉള്ള സമയത്ത് ചെല്ലും മനസിലായ ബ്രഹ്മം ഉള്ള സമയത്തും ഒരാൾക്ക് അധിഷ്ഠാനം ഞാനുണ്ട് അതാണ് ഇവിടെ പറയുന്നത് എങ്ങനെ ബ്രഹ്മുള്ള സമയത്തും അധിഷ്ഠാനം ഞാൻ ഉണ്ടാകുന്നത് എന്തിനംശ വെളിച്ചമാണ് അംശം എന്തിനംശ ആ മുത്തിപ്പിക്ക് ഭാഗങ്ങളുള്ളത് കൊണ്ട് സമയത്ത് മുത്തച്ഛിപ്പി എന്നറിയുന്നില്ല മറിച്ച് ഇതെന്നറിയുന്നു അതാണ് അതിഷ്ടം ഞാൻ മുത്തച്ഛിപ്പിന്നറിയില്ല ബ്രഹ്മസമയത്ത് പിന്നെ എങ്ങനറിയും ഇത് എന്നറിയും അത് അതിഷ്ടാനം ഞാനാണ് ഇത് എന്നറിയുന്ന ഏതിനെപ്പി അതാണത് ്രഹ്മസമയത്ത് അധിഷ്ഠാനം ഞാനുണ്ടെന്ന് പറയും ഈ ഇതെന്നുള്ള അറിവിനെ മനസ്സിലായി ആ സമയത്ത് ഇത് രചിതമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്തുണ്ടാകുന്ന ഇതെന്നുള്ള അറിവ് പ്രത്യേകം മനസ്സിലാക്കണം ഏത് സമയത്തുള്ള അറിവാണ് ബ്രഹ്മസമയത്ത് അതിനാണ് സാമാന്യം ഞാനോന്ന് പറയുന്നത് അതാണോ പറഞ്ഞത് ഉദ്ദേശിച്ചത് അല്ലല്ലോ പറയുന്നത് ഉദ്ദേശിക്കുന്നതിലായാ പറ്റത്തില്ല ഞാൻ പറഞ്ഞു കഴിയുമ്പോ അതാണ് ഉദ്ദേശിച്ചത് പറഞ്ഞ ഓക്കേ അത്രയും മതി പക്ഷെ ഉദ്ദേശിച്ചത് പറയണം ഉദ്ദേശിച്ചത് പറയണം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ മനസിലായല്ലോ എന്നാ എന്താ പറഞ്ഞത് കേക്കട്ടെ അത് പറ ഇപ്പ എന്താ പറഞ്ഞത് ശരി എന്നാലും ഞാനിപ്പോ പറഞ്ഞത് തോന്നിട്ട് സാമാന്യ ജ്ഞാനം വന്നുണ്ട് പറയുന്ന ഇതെന്ന് പറയുന്ന ജ്ഞാനത്തിന് എന്ത് പറയും അതാണ് ചോദിച്ചത് അതൊഴികെ ബാക്കിയെല്ലാം പറഞ്ഞു ചോദിച്ചൊഴുകിയ ബാക്കിയെല്ലാം പറഞ്ഞു അപ്പൊ സാമാന്യം ഞാനൊന്നു പറയുന്ന ഇതെന്ന് പറയുന്നു ഞാൻ അതായത് രജതത്തെ അറിയണമെങ്കിൽ എങ്ങനെ അറിയണം ഇത് രജതം എന്നറിയണം അതായ പൂർണമായും ഞാൻ മനസിലാ അപ്പൊ അങ്ങനെ അറിഞ്ഞ ഭ്രമമില്ല നമ്മൾ ചിന്തിക്കുന്ന ഭ്രഹ്മ സമയത്തെന്ത് സംഭവിക്കുന്നു എനിക്ക് ഭ്രഹ്മ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ ഭ്രമത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അപ്പൊ എന്താ സംഭവിക്കുന്നു മനസിലായ ഇത് ഇതെ ഏറ്റവും ചുരുങ്ങിയ ഒരു രീതി പറയുന്നതാണ് വേദാന്ത പരിഭാഷയിലൊക്കെ നമ്മൾ ഇത് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് അതിങ്ങനെയൊന്നും അല്ല മനസ്സിലായ ഇതും മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും ചെറിയൊരു രീതി പറയുന്നത് മാത്രമാണ് ഇതുകൊണ്ട് തീരുന്ന ഒരു വിഷയമുണ്ട് ഇത്രയും മനസ്സിലാക്കുക ഇവിടെ ഇപ്പോൾ അത്രേ ആവശ്യവും അപ്പോ ബ്രഹ്മസമയത്ത് അധിഷ്ഠാനത്തിന്റെ സാമാന്യജ്ഞാനം വേണം അധിഷ്ഠാനത്തിന്റെ സാമാന്യജ്ഞാനം വേണമെങ്കിൽ അത് അറിവിന് വിഷയമാകും മനസിലായും അപ്പോ ബ്രഹ്മത്തിൽ ജഗത്തിന്റെ ഭ്രമം ഉണ്ടെങ്കിൽ ഈ ബ്രഹ്മസമയത്ത് ബ്രഹ്മത്തിന്റെ ജ്ഞാനം വേണം മനസിലായ ബ്രഹ്മജ്ഞാനം വേണമെങ്കിൽ ബ്രഹ്മം എന്ത് ചെയ്യണം ജ്ഞാനത്തിന് വിഷയമാകണം പൂർവക്ഷം പറയുന്നത് നടക്കത്തില്ലേ എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനത്തിന് വിഷയമാകത്തില്ല എന്തുകൊണ്ട് അത് സ്വയം ജ്ഞാനമാണ് സ്വയം പ്രകാശമാണ് അതും ശരിയാണ് അത് ജ്ഞാനമാണ് സ്വയം പ്രകാശമാണ് അത് ജ്ഞാനത്തിന് വിഷയമായ എന്താ ദോഷമെന്നുള്ള ഇനി പറയും മനസ്സിലായത് അപ്പോൾ അത്വൈദികൾ എന്ത് ചെയ്യുന്നു അതിനെ ജ്ഞാനത്തിന് വിഷയമായി സ്വീകരിക്കുന്നില്ല അത് സ്വയം പ്രകാശമാണ് ഇത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് വളരെ കൊനഷ്ടാവും മനസിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറും അതുകൊണ്ടാണ് പ്രഭാകരൂരു എന്ത് പറഞ്ഞു എന്താ പറഞ്ഞത് ആ ത്രിപുടിയിലെന്താ പറഞ്ഞത് എംബ് എന്ന പറഞ്ഞ ഈ പ്രശ്നം ഇതൊരു ജടമായ പ്രശ്നമാണ് ജ്ഞാനം ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല ഇത് അദ്വൈതിയെ ഒരുപാട് വട്ടം ചുറ്റിക്കുന്ന ഒരു കാര്യമാണ് ഇത് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്ത ആളാണ് പ്രഭാകര ഗുരു പ്രഭാകര എന്ന് പറഞ്ഞു ഒരുപാട് തെലവേദനയ്ക്കൊന്നും പോണ്ട പ്രഭാകര ഗുരു എന്ന് പറഞ്ഞു കൊറേ ദിവസം ചർച്ച ചെയ്താണ് ജ്ഞാനം സ്വയം പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം ജ്ഞാനത്തിന് വിഷയമല്ല അതാണ് അദ്വൈതി പറയുന്നത് അത് സ്വയം പ്രകാശമാണ് എന്ന് പറയുമ്പോൾ ഇത് വളരെ ജടിലമായ തർക്കങ്ങളിലേക്ക് പോകും അദ്വൈതി അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ് മനസിലായ ഇത് പരിഹരിക്കാൻ വേണ്ടി പ്രഭാകര ഗുരു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്നു അത് ശരിയാ പറഞ്ഞത് ശരിയാ ഇതിന്റെ പരിഹാരം പറഞ്ഞത് ശരിയാകാര പറഞ്ഞത് ആ അതെ ആത്മാവ് ആത്മാവിനെ അറിയുന്നു സ്വീകരിക്കുക എന്താ നഷ്ടം മനസ്സിലായോ ജ്ഞാനം ഞാനത്തെ അറിയുന്നു പ്രശ്നം തീരുന്നുണ്ടോ നിങ്ങളുടെ ഇട്ടീ തറക്കുന്നതിന്റെ ആവശ്യമൊന്നും ഞാനം ഞാനത്തെ അറിയുന്നു നമ്മുടെ അനുഭവം എങ്ങനെയാണ് സ്വവിഷയ സ്വപ്രകാശം നമ്മുടെ അനുഭവം അങ്ങനല്ലേ അറിഞ്ഞു നിനക്ക് ബോധം ചോദിച്ചാൽ എന്തു പറയും ബോധം ഉണ്ടായിട്ടില്ലേ പറയും ബോധത്തെ കുറിച്ച് ബോധമില്ലെങ്കിൽ പറയാൻ പറ്റുമോ അങ്ങനെ തൃപുടിക്കുന്ന അതല്ല അത് അത് ഇത് പ്രകാരമുരു പറയുന്ന ഇതാണ് സിമ്പിളായിട്ട് നിനക്ക് ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തു പറയും ഉണ്ട് അപ്പം ബോധത്തെ കുറിച്ച് നിനക്ക് ബോധമുണ്ടല്ലോ ഇത്രയേ അവർ പറയുന്നുള്ളു പിന്നെ ഇതിനേട്ട് ചുറ്റിക്കട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല അതാണ് ഞാൻ സിമ്പിൾ കാര്യം പക്ഷെ അദ്വൈതി അത് സമ്മതിക്കില്ല മനസ്സിലാവും അദ്വൈതിക്ക് അത് പോരാ അദ്വൈതി എന്ത് പറയുന്നു സ്വവിഷയമല്ലാശംന്ന് പറഞ്ഞ സ്വവിഷയ ജ്ഞാനം എന്താണ് അദ്വൈത പലപ്പോഴും എന്താണ് ഒരുതരം പിടിവാശിയും എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാകില്ല എന്നുള്ള ഒരു വശി പറഞ്ഞെടുത്തുനിന്ന് മാറത്തുണ്ട് പറഞ്ഞുപോയോ അവരും പിന്നെ പറഞ്ഞെടുത്തുനിന്ന് ഓരോ അടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറക്കും പറഞ്ഞെടുത്തുനിന്ന് മാറാതെന്ത് വരും തർക്കിച്ച് തർക്കിച്ച് വേർക്കും ഒരുപാട് തർക്കം അതിലൂടെ ചർച്ചയും മനസ്സിലാവും അതാണ് ഇവിടുത്തെ വിഷയം ഇപ്പോ അറിവ് സ്വയം പ്രകാശമായതുകൊണ്ട് അതെ അറിയാത്തോണ്ട് അറിവാകുന്ന അധിഷ്ഠാനത്തിന്റെ അറിവില്ലാത്തതുകൊണ്ട് അറിവാകുന്ന അധിഷ്ഠാനത്തിൽ അധ്യാസം സംഭവിക്കില്ല നിങ്ങൾക്ക് രജിത് സർപ്പവും ശുപ്തികാരതവും ഇവിടെ ഉദാഹരണമായി കൊണ്ടുവരാൻ പറ്റില്ല അവിടെയൊക്കെ ഇവിടെയാണോ ഭ്രമം നടക്കുന്ന അതിനെ ഭ്രമസമയത്ത് തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അദ്വൈതത്തിലെ ഒരു വലിയൊരു കുരുക്കാണ് അദ്വൈതകള് കുരുക്ക് കഴിക്കുന്നുണ്ട് അതെങ്ങനെയെന്ന് ഇനി മനസ്സിലാക്കോട്ടു പക്ഷെ ഗുരു കഴിച്ചാൽ എന്തവരും ഊരാക്കുരുക്കുകളൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ വേറെ കുരുക്ക് വീഴും ഒരു കുരുക്ക് കഴിക്കുമ്പോ എന്തോരം വേറു കുരുക്ക് ചെന്ന് കാണും എന്ന് പറയുന്നതാണ് ഒരു ഭാഗത്ത് നിന്ന് അഴിച്ചു വരുമ്പോ വേറെ ഭാഗത്ത് കുരുങ്ങും അതാ ചിലപ്പോ കയറൊക്കെ നമ്മള് ഇങ്ങനെ കുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ നൂലൊക്കെ കുരുങ്ങി പോയി കഴിഞ്ഞാൽ ഒരിട്ട് നിന്ന് അഴിഞ്ഞെടുക്കുമ്പോൾ എന്ത് വരും അങ്ങോട്ടങ്ങോട്ട് ചെയ്യുമ്പോൾ അവിടെ വേറെ കാര്യം ഇങ്ങനെയുള്ള വൈഷമ്യമൊക്കെ അഭിവിതിക്ക് വരും അഭ്യത വേറെ പണിയൊന്നും ഇല്ലാത്ത അവരും ഒരു വേറെ എന്തെങ്കിലും പണിയുള്ളവർക്ക് ഇത് പറ്റിയ പണിയാണ് ണിയല്ലേ അത് വിധം അതുകൊണ്ടാണ് പല സ്വാമിമാരും ഇതൊക്കെ പറയുന്നവരെന്താ ചെയ്യുന്നത് വേറെ ഒരു പണിയും ചെയ്യാതെ എവിടെങ്കിലും വരുന്നു ഭക്ഷണം പോലും തനിയുണ്ടാക്കത്തില്ല ആരെങ്കിലും ഉണ്ടായി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുപത്തിയാല് മണിക്കൂറും ഇവരെന്തെയും ം ആസ്വദിക്കുന്നതല്ല ഇവര് ഈ ഇരുപത്തിയാലു മണിക്കൂറും അദ്വൈതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആൾക്കാരുടെ അടുത്ത് എന്തിനാ ഇത് പറയുന്നത് സ്വയം പഠിക്കാൻ വേണ്ടി ഇവർക്ക് ഇത് മനസിലായിട്ടില്ല പഠിച്ചിട്ട് പഠിച്ചിട്ട് പഠിച്ചിട്ടും പഠിച്ചിട്ടും തങ്ങ തീരുന്നില്ല അതുകൊണ്ട് വേറെ വേറെ വേറെ പണിക്ക് പോവാതെ ചാപ്പാടൊക്കെ കഴിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടേ അത് തന്നെ അത് തീരുന്നില്ല എപ്പോഴും പപ്പടി കിട്ടി അല്ലെ ഇപ്പഴാണ് അതിന്റെ കള്ളപ്പൊടി കിട്ടിയത് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പ്രസിദ്ധരായ അദ്വൈതികളൊക്കെ മാറ്റം ചെറിയ ഉദാഹരണത്തിന് എന്നെ നോക്കിയാൽ ഞാൻ വേറെ ഒരു പണിയും ചെയ്യുന്നില്ല ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വേറെ ചെറിയ പണികളൊക്കെ ഉണ്ട് സൈഡ് ബിസിനസ് പലരും അങ്ങനെയല്ല ഇത് മാത്രമേ ആൾക്കാർ കൊണ്ടുപോകും സ്വാമി ഇരുപത്തിയാല് മണിക്കൂറും അദ്വൈതത്തിലാണ് ഇതൊരു ഭയങ്കര കാര്യം എന്നാണ് വിചാരിക്കുന്നത് ഇയാളീ ഗുരുക്കിങ്ങനെ ഗുരുക്കി കടന്നതിനച്ചോണ്ട് <geoning> but, taught, ah െ താപ്പര് എത്ര അതല്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല ഞാൻ ജ്ഞാനന്ദ സരസ്വതി ഞാൻ കുറ്റം പറയുന്നു അതല്ല ഞാൻ ഈ പറയുന്ന കാര്യം രണ്ടും പേരെ മനസ്സിലാക്കണം ഞാനാനന്ദ സരസ്വതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിതൊക്കെ പറഞ്ഞു ആശ്രമം ഉണ്ടാക്കി പല പ്രവർത്തനങ്ങളും ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ പറയുന്നു ഗുരു പണിക്കും പോവാതെ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പറയുന്നത് മറ്റവരൊന്നും പറയാൻ പറ്റില്ല കാരണം അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ അത് ശരിയോ തെറ്റോന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതവരുടെ കാര്യം അതൊക്കെ അവരുടെ പ്രശ്നങ്ങൾ കാര്യം നമ്മൾ ഇടപെടേണ്ട കാര്യമുണ്ട് അവര് ചെരിയോ തേറ്റോ അതൊക്കെ അവരുടെ കാര്യം പക്ഷെ അവരെ പോലെയുള്ളവരെ കുറിച്ചല്ല എത്ര ആശ്രമം ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യും എത്ര പ്രശ്നം ഇതങ്ങനെയല്ല അദ്വൈതം മാത്രം വേറെ ഓരോ കാര്യത്തിലും പോകട്ടെ അത് എന്തിനു വേണ്ടി ഈ അദ്വൈതത്തിന്റെ കുരുക്ക് അഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അവസാനം വരെ ഇതിങ്ങനെ അഴിച്ചോണ്ടിരിക്കും എന്തുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരുപാട് കുരുക്കുകളുണ്ട് അത് ഇവിടെ വരുമ്പോൾ ഞാൻ ഓരോന്ന് വരുമ്പോ ഞാൻ വ്യക്തമാക്കട്ടെ മനസിലായ ആഴത്തിലുള്ള ഗൌരവമുള്ള ചിന്തയാണ് അഭീത ഭാമധികാരന്റെ ചിന്താഗതി എന്ന് പറയുന്നത് അഭീവിതം മനസ്സിലാക്കുന്നവരൊക്കെ മനസ്സിലായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് കലകാലം നിർത്താമോ ശരി